മനുഷ്യന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവൻ നമ്മെ വിളിക്കുന്നു പിന്നീട് നമ്മിൽ നിന്നൊരനുഗ്രഹം അവന് ലഭിച്ചാൽ അവൻ പറയും എന്റെ അറിവ് കാരണമാണ് എനിക്കിത് ലഭിച്ചത് എന്ന് അല്ല അതൊരു പരീക്ഷണമാണ് എന്നാൽ അവരിൽ ഭൂരിഭാഗവും അതറിയുന്നില്ല